സത്യവിശ്വാസികളെ നിങ്ങളിൽ ആരെങ്കിലും തന്റെ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞുപോയാൽ അള്ളാഹു സുബഹാനുഹൂവറ്റ ആല അവരെ സ്നേഹിക്കുകയും അവരവനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെക്കൊണ്ടുവരും അവർ സത്യവിശ്വാസികളോട് വിനയമുള്ളവരും സത്യനിഷേധികളോട് കർക്കശക്കാരുമായിരിക്കും അവർ അള്ളാഹു സുബഹാനുഹൂവത്ത ആല അവരെ നിന്റെ മാർഗ്ഗത്തിൽ പോരാടും ആരുടെയും ആക്ഷേപത്തെ അവർ ഭയപ്പെടുകയുമില്ല അത് അള്ളാഹു സുബഹാനുഹൂവറ്റ ആലാവിൻറെ അനുഗ്രഹമാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്കവൻ അത് നൽകുന്നു അള്ളാഹു സുബഹാനുഹൂവറ്റ ആല എല്ലാം അറിയുന്നവനും വിശാലനുമാണ്